ശുശ്രമപൂർവേഷം സിദ്ധം അതാണ് നമ്മൾ കഴിഞ്ഞ സഞ്ചാരിച്ചത് അന്യദേവത വിദിത വിദിതത്തിൽ നിന്നും അന്യമാണ് വിദിതത്തിൽ നിന്നും എങ്ങനെ അന്യമാകും അത് പറഞ്ഞു അടുത്ത് പറയുന്നു അസ്തുർഹി അവിദിതം അത് അവിദിതമാണോ അങ്ങനെ പറയാൻ കാരണം സാധാരണ നമ്മൾ പറയും ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് അറിയാൻ കഴിയുന്നതല്ല അത് അറിവിനു വിഷയമല്ല എന്ന് സാധാരണ പറയാറുണ്ട് അത് അറിഞ്ഞതുമല്ല റിവിന് വിഷയമാകുന്നതുമല്ല അത് എന്നാലിത് അറിയാൻ കഴിയാത്തതാണോ അവിദിതമാണോ അങ്ങനെ സാറിന പറയാറുള്ളൂ പറയുന്നു അസ്തുത്തർഹി അവിദിതം അവിദിതം എന്നുള്ളത് അവസാനം ഭാഷകാരൻ പറയും അവിദിതം അന്യം അവ്യാകൃത അന്യം അല്ലെങ്കിൽ അവിദ്യയിൽ നിന്ന് അന്യം എന്നെല്ലാം ഇനി പറയും ഇവിടെ സാധാരണ മാധ്യമത അറിയപ്പെടാത്തത് അറിയാൻ കഴിയാത്തതെന്നുള്ള രീതിയിൽ അർത്ഥത്തെടുത്തുകൊണ്ട് പറയുന്നത് എന്ന വിജ്ഞാന അനപേക്ഷത്വം വിജിതം എന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഇത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല വിജ്ഞാനാനപേക്ഷത്വം ഷയത്തിൽ ഇങ്ങനെ വരുന്ന ഓരോ ഭാഗങ്ങൾ ഇവിടെ ഒരു ചെറിയ വാചകമാണ് ഇന്ന് വിജ്ഞാനപേക്ഷ അത് കഴിഞ്ഞ് അടുത്ത വരുന്നു യദ് അവിദിതം തദ്വിജ്ഞാനാപേക്ഷം അവിദിത വിജ്ഞാനായ ഹിലോക പ്രവൃത്തി ഇതൊന്ത് വിജ്ഞാന അനപേക്ഷം കസ്മാ വിജ്ഞാനസ്വരൂപത്വ യ സ്വരൂപം തത് അനോ അപേക്ഷത സൈവഅ അപേക്ഷ അനപേക്ഷമേവസിദ്ധത്വ നേരത്തെ പറഞ്ഞ കാര്യത്തെ വ്യാഖ്യാനിക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു അനപേക്ഷത്വ പൊതുവെ ഭാഷകളിലെല്ലാം ഇങ്ങനെ പറയും ഞാനിതിൽ പൊതുവെ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പറയുന്ന ചെറിയ വാക്യങ്ങൾ ചിലപ്പോൾ അതൊരു പദമായിരിക്കും അതിന് സൂത്രം എന്നാണ് പറയുന്നത് വ്യാഖ്യാനത്തിലെല്ലാം ഇങ്ങനെ വരുന്ന ഭാഗങ്ങളിലെല്ലാം അതിനു പറയുന്ന സൂത്രം അതായത് ഈ ഭാഷ്യത്തിനകത്ത് എന്ന ഭാഷകാരൻ ഒരു സൂത്രം രചിച്ചിരിക്കുന്നു സൂത്രം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രം എന്നും ഒരു സൂത്രം അഭാതും ബ്രഹ്മജിജ്ഞാസ അതൊരു സൂത്രം ഷ്യം അതുപോലെ ഇത്രയും ഒരു സൂത്രം വിജ്ഞാനപേക്ഷത്വമാണ് എന്നിട്ട് അതിനെ ഇനി ഭാഷകാരം വ്യാഖ്യാനിക്കുകയുള്ളു താൻ തന്നെ രചിച്ച സൂത്രം സ്വപതാനുജ ഭാഷ്യ ഭാഷ്യം ഭാഷ്യം എന്ന് പറയുന്നത് താൻ തന്നെ പറയുന്ന പദങ്ങൾ വ്യാഖ്യാനിക്കുന്ന ആണ് ഭാഷ ഒന്ന് ഭാഷയത്തിന്റെ ലക്ഷണത്തിനും പറഞ്ഞു ആ രീതിയിലാണ് ഇതിൻ്റെ വിശദീകരണം അത് ബാക്കിയ ഭാഷയത്തെ സംബന്ധിച്ചത് വളരെ ഒരു ചെറിയൊരു വിഷയത്തെ ഒന്ന് സൂചിപ്പിക്കുക അതുകൊണ്ട് സൂത്രമാകും പിന്നെ അതിനെ വളരെ വിശദീകരിക്കുക പിതാവിധിതമാണോ എന്നാ പറയുന്നു എന്തുകൊണ്ട് വിജ്ഞാന അനപേക്ഷത്യാത്മസ്വരൂപം നേരത്തെ പറഞ്ഞല്ലോ തദ്വിലണം ബ്രഹ്മ സ്വസ്വരൂപം ഈ ബുദ്ധിയാദികളിൽ നിന്നെല്ലാം വിലക്ഷണമായിരിക്കുന്നു അതുപോലെ പറഞ്ഞു അനൽപ്പം അവരോധം നിത്യം ഏകം ശുദ്ധം ഈ രീതിയിലെല്ലാം വർണ്ണിക്കുന്നതായ ഈശ്വര സ്വരൂപം വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല അതിനെ കുറിച്ച് പിന്നെ നീണ്ട ചർച്ചയാണ് ആത്മാവ് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈസ്വ സ്വരൂപം പരമാർത്ഥികമായ സത്യവസ്ത്രം അതും ഒരു വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല തത്വമസി അഹം ബ്രഹ്മാസ്മി സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ വിജ്ഞാനമാനന്ദം ബ്രഹ്മ തുടങ്ങിയ ശ്രുതിവാക്യങ്ങളെപ്പോലും അത് അപേക്ഷിക്കുന്നില്ല ഇത്തരം വാക്യങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു ജ്ഞാനം പോലും അതിനാവശ്യമില്ല നമ്മൾ സ്വരൂപ സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നിടത്തോളം ഈ വിജ്ഞാനാപേക്ഷയില്ല അതാണ് ഈ ചർച്ചയുടെ അവസാനം പറഞ്ഞു നടക്കുന്നത് ആർക്ക് വിജ്ഞാനാപേക്ഷയില്ല സ്വസ്വരൂപത്തിന് അതുകൊണ്ട് ഇത് അവിദിതമല്ല എന്നാണ് അതങ്ങനെ അവിദിതം തദ്ജ്ഞാനാപേക്ഷ ം വിജ്ഞാനാപേക്ഷമാണ് നമുക്ക് സ്പഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തെ ഞാൻ അറിഞ്ഞു എങ്ങനെ എന്റെ അറിവിനെ ആശ്രയിച്ചിട്ട് വിജ്ഞാനാപേക്ഷ ഞാൻ എന്തിനെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്റെ അറിവിനെ ആശ്രയിച്ചിട്ടാണ് അറിവെല്ലാം അറിവിനെ ആശ്രയിച്ചിട്ടുണ്ടാകും എന്നിലുണ്ടാവുന്നു അത് ആത്മാവായിരിക്കാൻ വഴിയില്ല ഇനി അറിയാത്തതോ ഒന്നിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നു ഞാൻ അറിയുന്നില്ല അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ചുള്ള അറിവില്ല രണ്ടു തരത്തിലും പറയാം ഒന്നിനും ഞാൻ പറയും ഞാൻ അറിയുന്നില്ല രാമനെക്കുറിച്ചുള്ള അറിവ് എനിക്കില്ല എന്നൊരാളെക്കുറിച്ച് എനിക്ക് പറയാം രാമനെ ഞാൻ അറിയുന്നില്ലെന്നും പറയാം അങ്ങനെ അറിവില്ലാത്ത ഒരു തലം അറിയാത്ത ഒരു തലം അതിൽപ്പെടുന്നതാണോ ഈ ആത്മാവും സ്വസ്വരൂപം അങ്ങനെ പറഞ്ഞാൽ സ്വസ്വരൂപം എന്ന് പറയാൻ തന്നെ നോക്കേ തന്റെ സ്വരൂപം എന്ന് വെച്ചാൽ ഒരിക്കലും തനിക്ക് അന്യമല്ലാത്ത ആ സ്വരൂപത്തെ ആശ്രയിച്ചാണ് സർവവും നിലനിൽക്കുന്നത് എന്റെ അറിവും അറിവില്ലായ്മയും എല്ലാം അതിനെ ആശ്രയിച്ച് നിലനിൽക്കും അപ്പോ അത് അവിദിതം അറിയപ്പെടാത്തെന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അത് വിജ്ഞാന അപേക്ഷം ഈ അറിവില്ലായ്മയും വിജ്ഞാനത്തെ അപേക്ഷിച്ചാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നതല്ല അറിവില്ലായ്മ വിജ്ഞാനത്തെ അപേക്ഷിച്ചു ഇത് പല സന്ദർഭങ്ങളും നമ്മൾ പല രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇരുട്ടത്തിന് ഇരുട്ടിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ ആ അറിവ് വെളിച്ചത്തെ അപേക്ഷിച്ച് ഉണ്ടാവും അപ്പം നമ്മൾ നീളിൽ കാണുന്നുണ്ടെങ്കിൽ വെളിച്ചമുള്ളതും ഉണ്ടാവും വെളിച്ചമില്ലെങ്കിൽ നമുക്ക് നെഴിനെ കാണാനൊക്കെ ഇരുട്ടിന്റെ അനുഭവം ഉണ്ടാകത്തില്ല കാരണം നമ്മൾ കണ്ണു തുറന്ന് നോക്കുന്നു പുറമെ വെളിച്ചം കാണുന്നു ആ വെളിച്ചത്തിൽ കാണുന്ന നെഴിൽ അത് തന്നെയാണ് ഇരുട്ട് വെളിച്ചമില്ലാതെ എങ്ങനെയാണ് നെഴിനെ കാണാൻ പറ്റും ഇരുട്ടിനെക്കുറിച്ച് നമ്മൾക്ക് അറിവുണ്ടാകണമെങ്കിൽ വെളിച്ചത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായാലേ തീരും എല്ലാ പറ്റത്തില്ല പച്ചക്കറി ചോദി കണ്ണടച്ച് കഴിയും കണ്ണടച്ചാൽ വെളിച്ചമില്ലല്ലോ പക്ഷെ കണ്ണടച്ചാൽ ഇരുട്ടാണല്ലോ അല്ലെങ്കിൽ അന്ധൻ അന്ധനെ സംബന്ധിച്ച് വെളിച്ചമേ ഇല്ല വേൾ ചോദിച്ചാൽ എന്ത് പറയും അയാളുടെ അനുഭവമാണ് ഇരളെന്ന് പറയും വെളിച്ചമില്ലായ്മ അങ്ങനെയാണ് നമ്മൾ ഇരളെന്ന് പറയുന്നത് വെളിച്ചമില്ലാതെയും വിരളിൻ്റെ അനുഭവം ഉണ്ടാകാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാം അവിടെയും വെളിച്ചമുണ്ട് ഇവിടെ കണ്ണടച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ വെളിച്ചമുണ്ട് ഉള്ളിൽ കണ്ണിൻ്റെ വെളിച്ചമുണ്ട് പുറമേ വന്നില്ലെങ്കിലും ഉള്ളിൽ മനസ്സിൻ്റെ വെളിച്ചമുണ്ട് അത് ബാഹ്യമായ ഭൗതികമായ പ്രകാശമല്ല പക്ഷെ എന്തിനാതൊരു വെളിച്ചമാണ് ഉള്ളിലെ വിളിച്ചു ചുരുക്കത്തിൽ വെളിച്ചത്തെ ആശ്രയിച്ച് കഴിഞ്ഞിട്ട് വിളിപ്പെടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് നീ ആത്മാവിനെ അറിയുമോ ആത്മാവിനെ കുറിച്ച് ബോധമുണ്ടോ എന്ന് ചോദിച്ച പറയില്ല എനിക്ക് ബോധമില്ല ഞാൻ ആത്മാവിനെ അറിയുന്നില്ല അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് നാളെ അതിനെ അറിയും അപ്പം ഇത് എനിക്ക് ആത്മാവിനെക്കുറിച്ച് അറിയില്ല ഞാൻ ആത്മാവിനെ സംബന്ധിച്ച് അജ്ഞനാണ് ഇനി ഞാനതിനെ അറിയാൻ ശ്രമിച്ചാൽ ഇതെന്റെ സ്വരൂപമായിരിക്കുന്നുണ്ട് ഇതിനെ എനിക്കറിയാൻ കഴിയത്തില്ല അപ്പോൾ അങ്ങനെ അറിയാൻ കഴിയാതിരിക്കുന്നത് ഏത് അതാണ് ആത്മാവ് ആത്മാവ് ഒഴികെ ബാക്കി സർവ്വതും അറിവിന് വിഷയമാകുന്നുണ്ട് അത് അറിവിന് വിഷയമാകുന്നില്ല അപ്പോൾ ആത്മാവിനെ കുറിച്ച് അങ്ങനെ ഒരു ധാരണയിൽ ചെന്ന് എത്താം ഒരിക്കലും അത് വെളിപ്പെടാത്തതെന്ന് അങ്ങനെ ഒരു ധാരണ ഒരുവിൻ്റെ മനസ്സിൽ വരാൻ പാടില്ല അങ്ങനെ പറയാറുണ്ട് അതറിവിന് വിഷയമല്ല എന്ന് പറയാറുണ്ടെങ്കിലും ആ പറയുന്നത് നമ്മൾ ധരിക്കുന്ന തരത്തിലല്ല അജ്ഞത അല്ല അജ്ഞേയം അല്ല ആത്മാവിനിവിടെ അജ്ഞേയമായിട്ടല്ല പറയുന്നത് അത് വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്തുകൊണ്ട് അത് നിത്യപ്രകാശ സ്വരൂപമാണ് അപ്രോക്ഷസ്വരൂപമാണ് അതിനെ അജ്ഞേയകോടിയിൽപ്പെടുത്താൻ പറ്റത്തില്ല എങ്ങനെയാണോ അതിനെ ജ്ഞേയകോടിയിൽപ്പെടുത്താൻ കഴിയാത്തത് രണ്ടു തലമാണ് ഒരു ജീവൻ്റെ അനുഭവത്തിൻ്റെ രണ്ട് തലം ഒരു തലം ജേയകോടി ഒരുപാട് വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അജ്ഞേയകോടി നിഴലും വിളിച്ചവും ഇവിടെ പറയുന്നതിന്റെ താല്പര്യമാണ് ആജ്ഞേയ കൂടിയായാലും ശരി ആജ്ഞയ കൂടിയായാലും ശരി അവിടെ വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നുണ്ട് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്ന അല്ല നിന്റെ സ്വരൂപം നിന്റെ സ്വരൂപം വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നുണ്ട് തത് വിജ്ഞാനാപേക്ഷം കൂടിയും വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവിധിത വിജ്ഞാനായ ഹീ ലോകപ്രവൃത്തി ഈ മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രവർത്തനം മുഴുവൻ സുഷുതിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നാൽ സ്വപ്നത്തിലേക്ക് പോയാലും ജാഗ്രത സ്വപ്നം എന്ന് പറയുന്ന രണ്ടുവിതെന്താണ് കേവലം ബുദ്ധിയുടെ പ്രവൃത്തി അല്ലെങ്കിൽ മനസ്സിന്റെ പ്രവൃത്തി മനസ്സ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അത് മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു മറ മാറ്റി ഓരോന്നിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് ജാഗ്രത എന്ന് പറയുന്നത് അറിവില്ലായ്മയും നശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതാണ് അവിദ്യുത വിജ്ഞാനം എന്ന് പറയുന്നത് വിദ്യുതമല്ലാത്തതിനെ വെളിപ്പെടുത്തുന്നു മനസ്സ് ഇതാണ് മനസ്സിൻ്റെ പ്രവൃത്തി വിചിതമല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഉടനെ ഉടൻ ഒരു വിജ്ഞാനാപേക്ഷാൽ ജ്ഞാനത്തിൻ്റെ ഒരു ആശ്രയത്തിൽ അല്ലെങ്കിൽ ആ ജീവന് ജ്ഞാനത്തെ സംബന്ധിച്ചുള്ളൊരു ഇച്ഛയുണ്ടാവും അതറിയണം അങ്ങനെയാണ് അവിചിത വിജ്ഞാനം എന്ന് പറയുന്നത് എന്നിരം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിങ്ങനെ ചതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് ഇതെന്താണ് അതാരാണ് ഇതാരാണ് ഇങ്ങനെ മനസ്സ് നിരന്തരം അതിനെക്കുറിച്ച് നമ്മൾ പൂർണമായും ബോധവാന്മാരല്ല പക്ഷെ മനസ്സിങ്ങനെ ഉയറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് നിരന്തരം ഈ അറിവില്ലായ്മയുടെ അജ്ഞാനത്തിന്റെ തിരശ്ശീലെ മാറ്റിയിട്ട് സദാപ്രകാശത്തേത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ജാഗ്രത സ്വപ്നം അപ്പോൾ അവിടെ എന്തു വരുന്നു വിജ്ഞാനാപേക്ഷ ജീവന് ആ ജ്ഞാനത്തിനോടുള്ള ഒരു ആഗ്രഹം ഒരു കാമന അത് ജീവനിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിലൂടെ ജീവൻ നിരന്തരം വിഷയങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അജ്ഞാനവും വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നു അതുകൊണ്ട് ആത്മാവ് അഭിജിതമല്ല അജ്ഞാനം വിജ്ഞാനത്തെ അപേക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെളിച്ചം ഇരുട്ടിനെ ഇരുട്ട് വെളിച്ചത്തെ അപേക്ഷിച്ച് എന്ത് സംഭവിക്കും എപ്പോഴെങ്കിലും ഇരുട്ട് വെളിച്ചത്തെ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇരുട്ട് അതുപോലെ ഉള്ളിലിരിക്കുന്ന ഈ അജ്ഞാനം എപ്പോഴെങ്കിലും വിജ്ഞാനത്തെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതങ്ങ് എന്ന് പറഞ്ഞാൽ അറിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ നിശിച്ചു അതാണ് നമ്മുടെ അനുഭവത്തിൽ എപ്പോഴും കാണുന്നത് ഞാൻ ഇതിനെ ഞാൻ പുസ്തകത്തെ അറിയാതിരുന്നു ഇപ്പോൾ അറിഞ്ഞു ഉടൻ അറിവില്ലായ്മ പോയി അറിവില്ലായ്മ നശിച്ചു അതാണ് അജ്ഞാനം നശിച്ചതെന്ന് പറയുന്നത് അവിദിതമായിരിക്കുന്നത് പ്രദക്ഷിണം നശിച്ചുകൊണ്ടേയിരിക്കുന്നു ആത്മാവ് അവിദിതം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അത് പ്രദക്ഷിണം നശിക്കുന്നതാണ് അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് അത് പ്രദക്ഷിണം നശിക്കാൻ സാധ്യതയുള്ളതാണെന്ന് വരും അതാണ് ആത്മാവ് അതുകൊണ്ട് അത് അറിവിനു വിഷയമല്ല എന്നുള്ളത് ൾ ധരിക്കും പോലെ അല്ല ധരിച്ചിരുന്നത് പോലെ തന്നെ മനസ്സിലാക്കേണ്ടതെന്നാണ് കൂടെ പറയുന്നത് അതുകൊണ്ടത് ആവിദ്യതമല്ല അജ്ഞാതമല്ല ആത്മാവ് അജ്ഞേയമല്ല അജ്ഞേയവാദം എന്ന് പറഞ്ഞൊരു ചിന്താഗതി തന്നെയാണ് അതങ്ങനെയല്ല ആത്മാവിനെ സംബന്ധിച്ചത് ശരിയല്ല അത് നമ്മുടെ അനുഭവത്തിൽ നിരക്കുന്ന കാര്യമല്ല ശരി അങ്ങനെയാണെന്ന് പറഞ്ഞാലോ പ്രദക്ഷിണം വിജ്ഞാനം നമ്മളുടൽ മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ മാറ്റത്തിലും അജ്ഞാനത്തെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ആ വിജ്ഞാനത്തിൻ്റെ പ്രകാശം അവിടെ അജ്ഞാനത്തിൻ്റെ നാശം രണ്ടുപേരെ തിരിക്കാൻ വയ്യ ഇത് തന്നെ ആത്മാവെന്ന് പറഞ്ഞാലോ ഇല്ല കാരണം വിജ്ഞാനം പ്രദക്ഷിണമുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉള്ളിൽ അതേസമയം അജ്ഞാനം നെച്ചുകൊണ്ടിരിക്കുന്നു നമുക്കവിടെ ഒരു പരിണാമം അനുഭവവേദ്യമാണ് ഇതിന് ഞാൻ അറിയാതിരുന്നു അറിഞ്ഞു ഇങ്ങനെ പരിണാമം അറിവില്ലായ്മയുടെ നാശവും അറിവിന്റെ ജനനവും ഇത് രണ്ടും നമുക്ക് അനുഭവമാണ് ഇങ്ങനെ മാറിയും മറിഞ്ഞു ഇരിക്കുന്ന ഇത് ആത്മാവാകം വഴിയില്ല സ്വസ്വരൂപത്തെ കുറിച്ച് അങ്ങനെയല്ല ധരിക്കുന്നത് സ്വസ്വരൂപത്തിൽ വാസ്തവത്തിന് അങ്ങനെ ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടുന്നില്ല അസ്വ സ്വരൂപം സദാ നിശ്ചലമായി തന്നെ ഇരിക്കുന്നു അവിടെ ഈ പറയുന്ന അവിദ്യത വിജ്ഞാനം സംഭവിക്കുന്നില്ല അതിനെ സംബന്ധിച്ചല്ല സംഭവിക്കുന്നതെന്ന് മറിച്ച് അതിനെ ആശ്രയിച്ചാണ് അടുത്ത ഭാഷകാരനും പറയും സ്വസ്വരൂപത്തെ ആശ്രയിച്ചത് സംഭവിക്കുന്നു സ്വസ്വരൂപത്തിനല്ല അത് സംഭവിക്കുന്നു സ്വസ്വരൂപമോ അത് മാറ്റമില്ലാതിരിക്കുന്നു ആകാശം നിശ്ചലമായിരിക്കും നിശ്ചലമായിരിക്കുന്ന ആകാശത്തിൽ ചലനങ്ങൾ സംഭവിക്കുന്നു വായുവിന്റെ ചലനം മേഘങ്ങളുടെ ചലനം ഗ്രഹങ്ങളുടെ ചലനം ഇതെല്ലാം ആകാശത്തിൽ സംഭവിക്കുന്നു അതുപോലെ സ്വസ്വരൂപത്തിൽ സംഭവിക്കുന്ന ചലനങ്ങളാണ് ഈ അവിദ്യുത വിജ്ഞാനം എന്ന് പറയുന്നു അജ്ഞാനം അതിന്റെ വിജ്ഞാനം അജ്ഞാനത്തിന്റെ നാശം വിജ്ഞാനത്തിന്റെ പ്രകാശിക്കൽ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത് രണ്ടും ഒരുപോലല്ല അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച് അത് അറിയപ്പെടാത്തതാണെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് അങ്ങനെ അവിദ്യുത വിജ്ഞാനായ ലോകപ്രവൃത്തി ലോകപ്രവൃത്തി എന്ന് പറയുന്നത് ജീവന്റെ പ്രവൃത്തി ലോക ജീവൻ മനസ്സും ബുദ്ധിയും കർണങ്ങളും അഹംബോധവും ചേർന്നതാണ് ജീവൻ ജീവന്റെ പ്രവൃത്തി എന്ന് പറയുന്ന ആന്തരികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സിൻ്റെ പരിണാമം അജ്ഞാനനാശവും വിജ്ഞാന സ്ഫുരണവും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ആശ്രയിച്ച് ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ ആന്തരികമായ വിഷയങ്ങളെ ആശ്രയിച്ച് ഇതിനെ ലോകപ്രവൃത്തി എന്ന് പറയുന്നു ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെ രണ്ടിനും ഒരേ സ്ഥാനമാണ് വിദിതവും അവിദിതവും അപ്പോൾ അതങ്ങനെ ആത്മാവാകും ആകാശത്ത് ഒന്നും ആകാശം അവിടെ എന്ത് സംഭവിച്ചാലും ആകാശം അതിനുള്ള ആധാരമായി അതിനെല്ലാം ഒരാലംബനമായി അതിൽ നിന്നെല്ലാം വേറിട്ട് അസംഘമായി തന്നെ ശരി അതുപോലെയാണ് സ്വസ്വരൂപം ആ സ്വസ്വരൂപത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനെ ഇതൊന്നുമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ വയ്യ അതിനെ വിദിതമായി പറയാൻ വയ്യ അവിദിതമായും പറയാൻ വയ്യ അതാണ് പറയുന്നതിന് താൽപ്പര്യം ഇതെന്തു വിജ്ഞാനപേക്ഷം പറയുന്നത് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വിജ്ഞാന അനപേക്ഷമാണ് ജ്ഞാതവും അജ്ഞാതവും വിജ്ഞാനത്തെ അപേക്ഷിക്കുമ്പോൾ ഈ സ്വരൂപം ഒരു വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നു എന്തിനപേക്ഷിക്കുന്നില്ല അതിൻ്റെ അസ്തിത്വത്തിന് അതിൻ്റെ ഉണ്മയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശം അതൊരു പ്രകാശത്തെയും അനുഭവിക്കുന്നു തൻ്റെ അസ്തിത്വത്തെ താൻ മറ്റെന്തിലൂടെയാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്നിലൂടെയും മനസ്സിലാക്കേണ്ട ആവശ്യം തൻ്റെ അസ്തിത്വം ഒരിക്കലും തനിക്ക് ജ്ഞാതമായിരിക്കുന്നില്ല അജ്ഞാതമായും ഇരിക്കുന്നില്ല എന്തുകൊണ്ട് എന്ന് പറയുന്നു കാരണം ജ്ഞാതമായിരിക്കുന്നതെല്ലാം മാറുന്നു ഞാൻ പുസ്തകത്തെ അറിയുന്നു അടുത്ത് മേശയെ അറിയുന്നു എൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാരെ അറിയുന്നു ജ്ഞാതമായതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടത് മാറുന്നു അത് ജ്ഞാതമായതുകൊണ്ടാണ് അറിവിന് വിഷയമായതുകൊണ്ടാണ് അറിവിനെങ്ങനെ ഒരിടത്ത് സ്ഥായിയായി പിടിച്ചു നീക്കാൻ പറ്റത്തില്ല മനസ്സിൻ്റെ സ്വഭാവമാണ് പരിണമിച്ചുകൊണ്ടേയിരിക്കും അത് ഒരിടത്ത് നിൽക്കത്തില്ല എന്തെങ്കിലൊരു അഭ്യാസം കൊണ്ട് നിങ്ങൾ മനസ്സിനെ ഓരിടത്തും നിർത്താൻ ശ്രമിച്ചു നോക്കുക അത് നിക്കത്തില്ല മാറിക്കൊണ്ടേയില്ല അതിന്റെ പരിണാമത്തിന് നമുക്ക് വ്യത്യാസപ്പെടുത്താം ചിലപ്പോൾ അത് സ്ഥൂലമായ പരിണാമമായിരിക്കും ഏകാഗ്രമായ സൂക്ഷ്മമായ പരിണാമമായിരിക്കും സ്ഥൂല സൂക്ഷ്മ പരിണാമങ്ങളെ മനസ്സിന് സംഭവിക്കും മനസ്സുണ്ടോ അത് പരിണമിച്ചുകൊണ്ടേയിരിക്കും പരിണമിക്കാതിരിക്കാൻ പറ്റത്തില്ല അതെന്റെ സ്വഭാവമാണ് അഗ്നിക്ക് പ്രകാശിക്കാതിരിക്കാൻ പറ്റും അത് കഴിയാത്തതുപോലെ എൻ്റെ മനസ്സിന് പരിണമിക്കാതിരിക്കാനും പറ്റത്തില്ല അത് മൂലപ്രകൃതിയിൽ നിന്ന് പരിണമിച്ച് വന്നതാണ് എൻ്റെ സൃഷ്ടി തന്നെ പരിണാമത്തിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് അതിന്റെ സ്ഥിതിയിൽ അത് പരിണമിച്ച് തന്നെ തീരണം അത് പരിണമിക്കാതിരുന്നുവെങ്കിൽ അതില്ലാതാകും അതുകൊണ്ടാണ് ചിലടത്ത് പറയുന്നത് മനസ്സിന്റെ നിശ്ചലാവസ്ഥ അതിൽ മനസ്സ് തന്നെ ബ്രഹ്മം എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിലാണ് അങ്ങനെ ഇത് പ്രദക്ഷിണം ഇത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അത് വിജ്ഞാനത്തിന്റെ സ്വഭാവമാണ് പക്ഷെ സ്വസ്വരൂപം അങ്ങനെ ആയിട്ടുണ്ടോ തൻ്റെ അസ്തിത്വത്തിൽ എന്തെങ്കിലും പരിണാമം തനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ തന്റെ അസ്തിവത്തിൽ പ്രണാമം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് വരും ഞാൻ എന്നുള്ള എൻ്റെ ഈ അനുഭവം മാറി മറ്റെന്തെങ്കിലും ഒരു രൂപത്തെ അത് പ്രാപിക്കുന്നു എൻ്റെ ബുദ്ധി അങ്ങനെയല്ല എന്റെ ബുദ്ധിതായത് മേശയാണ് ഇത് പുസ്തകമാണ് അങ്ങനെ ഭാഗ്യമായി ചിന്തിച്ച് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു ഞാൻ യുവാവാണ് ഞാൻ വൃദ്ധനാണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോൾ ആ അറിവിന്റെ പരിണാമം നിരന്തരം സംഭവിച്ചുകൊണ്ടേ ഇവരിടത്ത് നിൽക്കുന്നത് പക്ഷേ തൻ്റെ സ്വരൂപ തൻ്റെ അസ്തിത്വത്തിന്റെ പ്രകാശനം അത് മാറുന്നില്ല ഞാൻ എന്നുള്ള അനുഭവം മാറിയിട്ട് മറ്റെന്തെങ്കിലും ഒരു അനുഭവം ഇവിടെ വരുന്നില്ല അതാണ് അസ്തിത്വത്തിൻ്റെ പ്രകാശനം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് പ്രകാശിപ്പിക്കുന്നു ഭാഷ അനുഭവം മാറുന്നില്ല ഞാൻ മാറാം അഹമെന്നാകാം ഐ എന്നാകാം ഭാഷ മാറുന്നേ ഉള്ളൂ അനുഭവം മാറുന്നുണ്ട് അവിടെ ഭാഷയ്ക്കനുസരിച്ച് അനുഭവത്തിന് വ്യത്യാസം വരുന്നുണ്ട് അഹമെന്ന് അനുഭവിച്ചാലും ഞാനെന്ന് അനുഭവിച്ചാലും അനുഭവം ഏകരൂപമാണ് എന്തുകൊണ്ടത് ആണ് പ്രകാശം അസ്തിത്വത്തിന്റെ സ്വയം പ്രകാശം അതാണ് അതൊരിക്കലും മാറ്റം വരുന്നുണ്ട് എത്ര സമർത്ഥനായാലും ആ അനുഭവത്തെ വേറെ തരത്തിൽ മാറ്റാൻ കഴിയുന്നുണ്ട് അത് ഏകരൂപത്തിലേയിരിക്കും അത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നുണ്ട് അത് വിദിതമോ അതിതമോ അവിദിതമോ അല്ല രണ്ടുമല്ല അത് രണ്ടും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മളെ അനുഭവം അറിവും മാറുന്നു അറിവില്ലായ്മയും മാറുന്നു പക്ഷേ സ്വസ്വരൂപ പ്രകാശം അല്ലെങ്കിൽ അതിന് പറയാം തന്നെ കുറിച്ചുള്ള അനുഭവം അതിന് മാറ്റം വരുന്നില്ല തന്നെ കുറിച്ചുള്ള അനുഭവം തൻ തൻ്റെ തന്നെ അവസ്ഥകൾ അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ മാറും പക്ഷെ തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അനുഭവം അത് മാറുന്നില്ല അങ്ങനെ മാറുന്നെങ്കിൽ അതിനൊരു മാറ്റമേ സംഭവിക്കാൻ വഴിയുള്ളൂ അഹമസ്മി എന്നുള്ളത് പോയിട്ട് നാസ്മി എന്ന അനുഭവം ഉണ്ടാകും അഹമസ്തി എന്നുള്ളത് പോയിട്ട് നാസ്തി എന്നുള്ള അനുഭവം ഉണ്ടാവണം അതുണ്ടാവുന്നില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഒരു ജീവനും ഉണ്ടായിട്ടേ അത് ഏകരത്തന്നെ ഇരിക്കുന്നു മറ്റൊന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വിപരീതമായി വരണം നാസി അല്ലാതെ വേറെ ഒന്നും വരാൻ വഴി അല്ല സംഭവിക്കുന്നു ഞാനില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ട് ബാഹ്യമായ വിഷയങ്ങൾ അപേക്ഷിക്കുന്നില്ല പക്ഷേ പറയുന്നു ഇതം തോ വിജ്ഞാനപേക്ഷം കസ്മാത് എന്തുകൊണ്ട് വിജ്ഞാനസ്വരൂപത്ത വിജ്ഞാനസ്വരൂപമാണ് വിജ്ഞാനം ഉള്ളിലിരുന്ന് മറ്റ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു അതാണ് വിദുതവും അവിദതവും അതിനെയാണ് വിദുതം അവിദുതമെന്ന് പറയുന്നത് പ്രകാശം ഇരുട്ടിനെ നശിപ്പിച്ച് വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നു ഇരുട്ടിനെയാണ് പ്രകാശിപ്പിക്കുന്നു അതാണ് വെളിച്ചത്തിലൂടെ നമ്മൾ നേരിട കാണുന്നത് രണ്ടു അത് ചെയ്യും ആ സമയം അത് സ്വയം പ്രകാശിക്കുകയും ചെയ്യും സ്വയം പ്രകാശിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം മറ്റൊരു പ്രകാശത്തെ അത് ആശ്രയിക്കുന്നില്ല അതിന്റെ പ്രകാശത്തിന് വേണ്ടി ഇരട്ടിലിരിക്കുന്ന വസ്തു അതിൻ്റെ പ്രകാശത്തിന് വെളിച്ചത്തെ ആശ്രയിക്കുന്നു ആ വെളിച്ചം മറ്റൊരു വെളിച്ചത്തെ ആശ്രയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതാണ് വിജ്ഞാനാനപേക്ഷം സ്വന്തം അസ്തിത്വം അല്ലെങ്കിൽ സ്വന്തം ഉണ്മ അത് തൻ പ്രകാശിക്കുന്നത് അതെല്ലാവരിലും പ്രകാശിക്കുന്നു അഹമസ്മി എന്നുള്ള ഈ അനുഭവം സർവത്രയുണ്ട് അത് വേറെ ആരുടെ അറിവിനെ ആശ്രയിച്ചിട്ടാണ് പ്രകാശിക്കുന്നത് വേറെ എന്തിനെ ആശ്രയിച്ചിട്ടാണ് വേറെ ഏത് പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് പ്രകാശിക്കുന്നത് അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ട് കസ്മാ വിജ്ഞാന സ്വരൂപത്വം ഇതിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത് സ്വയം വിജ്ഞാനം തന്നെ ആ സ്വരൂപപ്രകാശത്തിന് മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല ആ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആ സ്വരൂപപ്രകാശത്തിന് മറ്റു പലതും പ്രകാശിക്കുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം ആ സ്വരൂപപ്രകാശം ഇല്ലാത്തതല്ല പ്രശ്നം ആ സ്വരൂപപ്രകാശം വിസ്മരിച്ചതോ നഷ്ടപ്പെട്ടതോ അല്ല സ്വലൂപപ്രകാശത്തെ അറിയാതിരിക്കുന്നതോ അതും നല്ല പ്രശ്നം സ്വരൂപപ്രകാശത്തെ അറിയുന്നതും പ്രശ്നമല്ല അതൊന്നും തന്നെ ഇവിടുത്തെ പ്രശ്നം ആ സ്വലൂപ്രകാശത്തും മറ്റ് പലതും പ്രകാശിക്കുന്നു നമുക്ക് ആകാശത്തെ ആകാശമായി കാണാൻ കഴിയുന്നില്ല ആകാശത്ത് നമ്മൾ എന്തായി കാണും വെളിച്ചമായി കാണും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് ആകാശത്ത് നമുക്ക് ആകാശമായി കാണാൻ പറ്റുന്നു അല്ല വെളിച്ചമായി കാണണ്ടാന്ന് നമ്മൾ ആഗ്രഹിച്ച് വെളിച്ചത്തെ മാറ്റിയാലോ ഇരുട്ടായി കാണും ആകാശത്ത് നമുക്ക് വെളിച്ചവും ഇരുളുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു ഈ വെളിച്ചമോ ഇരുളമാണോ ആകാശം അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ വെളിച്ചം മാറ്റിക്കഴിഞ്ഞാൽ ആകാശമുണ്ടാകുമെന്ന് ഇരള് മാറിയാൽ ആകാശം ഇല്ലാതെ വന്നില്ല വെളിച്ചം മാറിയാലും ഇരൾ മാറിയാലും ആകാശം നിലനിൽക്കുന്നു പക്ഷേ ഇത് രണ്ടും മാറ്റിയിട്ട് നമുക്ക് ആകാശത്തെ കാണാൻ പറ്റുന്നില്ല ഒന്നുകിൽ വെളിച്ചമായി കാണും അല്ലെങ്കിൽ ഇരുളായി കാണും അതുതന്നെയാണ് ഇവിടെയും ഇവിടെ എന്ത് ചെയ്യുന്നു ജ്ഞാതവും അജ്ഞാതവുമായിട്ട് ആണ് സ്വരൂപം പ്രകാശിക്കുന്നത് ആ പ്രകാശത്തിന് അതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല ആ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കെ തന്നെ അത് ജ്ഞാത അജ്ഞാതത്തെ അപേക്ഷിച്ച് പ്രകാശിക്കും ജ്ഞാതവും അജ്ഞാതവുമായി പ്രകാശിക്കും അതിൽ ഈ നാനാത്വം പ്രകാശിക്കും ഈ ജ്ഞാതവും അജ്ഞാതവുമാണ് നാനാത്വം എന്ന് പറയുന്നത് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് രണ്ടുമാണ് ജ്ഞാതവും അജ്ഞാതവുമാണ് അതീ സ്വരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടേ ഇതിനെ മാറ്റാൻ കഴിയും അല്ലെങ്കിൽ ഇത് മതിയായിരുന്നു ഇത് തന്നെ മോഷ്ടം നിത്യ അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുക പിന്നെ മോക്ഷത്തിൻ്റെ ആവശ്യം എന്തോന്നും ചിന്തിക്കും ഇത്രയേ ഉള്ളൂ ആവശ്യവിധാണെന്താണോ ഇതിൽ വരുന്ന ഈ ജ്ഞാതജ്ഞാതഭാവം അത് ഒഴിവാക്കാൻ പറ്റുന്നത് അതിനാണ് നമ്മൾ പ്രപഞ്ചഭാനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചഭാനത്തെ ഒഴിവാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഭാനം ഈ സ്വരൂപഭാനത്തിൽ നിന്നും ഈ പ്രപഞ്ചഭാനത്തിലേക്ക് പലതും സംക്രമിച്ചിരിക്കുന്നു അത് മാറ്റാൻ കഴിയുന്നില്ല അതിവിടെ ഭക്ഷ്യക്കാരൻ പറയും ഉപരാഗം സംഭവിച്ചിരിക്കുന്നു അത് മാറ്റാൻ പറ്റുന്നില്ല എങ്ങനെ ഈ സ്വരൂപഭാനം അതിനുണ്ട് അസ്തിത്വം സ്വന്തം ഉണ്മ അതിന് പ്രകാശിക്കുക പക്ഷെ ആ ഉണ്മ എങ്ങനെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും അതുവഴി വിഷയങ്ങളിലേക്കും കലർന്ന് അതുമായിട്ട് അതിന് ഉപരാഗം സംഭവിച്ചിരിക്കുന്നു ഒരു താതാത്മ്യം സംഭവിച്ചിരിക്കുന്നു അതിനാണ് അഭ്യാസം എന്ന് പറയും അത് മാറ്റാൻ കഴിയുന്നു അതിനെ വേർതിരിക്കാൻ കഴിയുന്നു അത് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആചാര്യ ശ്രമിക്കുന്നത് കല്ലും നെല്ലും എന്ന് പറയുന്നത് രണ്ടിന്റെയും രണ്ടാകും ഈ അസ്തിത്വ സ്വന്തം സ്വസ്വരൂപത്തിന്റെ അസ്തിവം അത് ജ്ഞാനത്തിലേക്കും വിഷയത്തിലേക്കും സംക്രമിക്കാതിരിക്കുക അതിന്റെ മോക്ഷം അത് ജ്ഞാനത്തിലേക്കും വിഷയത്തിലേക്ക് സംക്രമിക്കുന്നതാണ് ബന്ധനം സംക്രമണം എന്ന് പറഞ്ഞാൽ എന്താണോ ആ തന്റെ അസ്തിത്വം അത് തന്റെ അറിവിൽ അനുഭവപ്പെടുക അറിവിന്റെ വിഷയങ്ങളിൽ അനുഭവപ്പെടുക രീതി പറഞ്ഞാൽ ഇതെല്ലാം സത്യമാണെന്ന് ധരിക്കുക ഇതാണ് ബന്ധനം എന്ന് പറയുന്നത് അവിടെ എല്ലാം വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നുണ്ട് ഈ വിജ്ഞാനം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷെ സ്വസ്വരൂപത്തിൽ വിജ്ഞാനാപേക്ഷയുണ്ട് ഈ പ്രപഞ്ചാനുഭവത്തിൽ സർവത്ര വിജ്ഞാനാപേക്ഷയുണ്ട് അതുകൊണ്ട് പറയുന്ന ഇതം തൂ പറഞ്ഞ തത് നിരക്ഷണമായിരിക്കുന്ന ബ്രഹ്മ എന്ന് പറയുമ്പോൾ സ്വസ്വരൂപം വിജ്ഞാനപേക്ഷം അത് സദാ സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ അഹം എന്നത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അഹം എന്നുള്ള രൂപത്തിൽ അത് പ്രകാശിക്കുമ്പോൾ അത് അവിടെ കേവലം വിജ്ഞാന നിരപേക്ഷമായിട്ടല്ല പ്രകാശിക്കുന്നു അവിടെ വിജ്ഞാനം കടന്നു വരും അതാണ് ഈ അഹം എന്ന് പറയുന്ന വിജ്ഞാനം അതുകൊണ്ടാണ് അത് പൂർണ്ണമല്ലാത്തത് അതും ഒരു വിജ്ഞാനമാണ് അസ്തിത്വം അഹം എന്ന് പറയുന്ന വിജ്ഞാനത്തെ ആശ്രയിച്ച് പ്രകാശിക്കും അവിടെ മുതലാണീ കുഴപ്പം തുടങ്ങും അതും വിജ്ഞാനാപേക്ഷയാണ് അതുകൊണ്ടാണ് അഹം ആത്മാവല്ല എന്ന് പറയുന്നത് അഹം തന്നെയാണ് ആത്മാവെന്നും പറയും എന്തുകൊണ്ട് ഈ അസ്തിത്വം വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നതിന് മുമ്പ് അതിനൊരു നിലയുണ്ട് അത് ഈ അഹത്തിന് ആധാരമായിരിക്കുന്ന സ്വന്തം അസ്തിത്വമാണ് ഈ അസ്തിത്വത്തെ ആശ്രയിച്ച് ഈ വിജ്ഞാനത്തെ ആശ്രയിച്ച് അഹം സ്ഫിരിക്കുന്നു അഹത്തിൻ്റെ സ്ഫുരണം ഉണ്ടാകും അഹസ്ഫുരണത്തിനും ആശ്രയമായിരിക്കുന്ന ആധാരമായിരിക്കുന്നത് തന്നെയാണ് സ്വസ്വരൂപം നിരപേക്ഷമായ വിജ്ഞാനം പക്ഷെ ആ നിരപേക്ഷമായ വിജ്ഞാനത്തിന് അഹം എന്ന് പറയുന്നവര് മാധ്യമത്തിലൂടെ അല്ലാതെ ഞാനെന്ന് പറയുന്നവര് മാധ്യമത്തിലൂടെ അല്ലാതെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് അവിടെയാണ് വിജ്ഞാനാപേക്ഷ തുടങ്ങുന്നത് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വിജ്ഞാനാപേക്ഷ സർവത്ര മനസ്സിലേക്ക് ശരീരത്തിലേക്ക് ബാഹ്യ പ്രപഞ്ചത്തിലേക്ക് സർവത്ര വ്യാപിക്കും പക്ഷെ ഇത് അതിൻ്റെ സ്വന്തം നിലനിൽപ്പിന് അത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല അത് കേവലം വിജ്ഞാനസ്വരൂപമാണ് പക്ഷെ അതിൻ്റെ ാഹ്യമായ സ്ഫുരണം അത് ഏതെങ്കിലും ഒരു ആകാരത്തിൽ ഒരു രൂപത്തിൽ സ്ഫുരിക്കുമ്പോൾ അതിന് വിജ്ഞാനാപേക്ഷ വരുന്നു അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ രൂപമാണ് ഞാനെന്നുള്ളത് അത് ഒരേ സമയം പൂർണവും അതേസമയം അത് അപൂർണവുമാണ് അത് അപൂർണമാവുന്നെങ്ങനെ അതിനങ്ങനെ ഒരു രൂപം വന്നു ഞാൻ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒരു രൂപം അതി വന്നു ആന്തരകഥ പൂർണമാണ് അത് പൂർണമാകുന്നെങ്ങനെയാണ് അതിനാധാരമായിരിക്കുന്നതാണ് ഇവിടെ പറയുന്ന സ്വരൂപം വിജ്ഞാനസ്വരൂപം അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഇതെന്ത് വിജ്ഞാനപേക്ഷം പരമാർത്ഥത്തിൽ ഈ വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല പരമാർത്ഥത്തിൽ ഉള്ളിലിരിക്കുന്ന ഈ അസ്തിത്വം സ്ഫുരിക്കുന്നതിന് ഈ അഹം എന്ന വിജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല ഈ അഹമെന്നുള്ള വിജ്ഞാനം നശിച്ചുപോയാൽ ഇത് സ്മുരിച്ചുകൊണ്ടിരിക്കുന്നു ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള ആ അതൃവരമ്പ എന്ന് പറയുന്നത് വളരെ മധുവും വളരെ സൂക്ഷ്മമാണ് ഇത്രയോ ഈ പറയുന്ന അഹം എന്നുള്ള അനുഭവത്തെ ആശ്രയിക്കാതെ ആ വിജ്ഞാനം സ്ഫുരിക്കുന്നത് തന്നെ ഈ അഹമെന്ന് പറയുന്ന ഈ അനുഭവത്തെ ഈ ജ്ഞാന ആകാരത്തെ ജ്ഞാനപടിവ് അതിനെ ആശ്രയിച്ച് ഈ വിജ്ഞാനം പ്രകാശിക്കുന്നതാണ് അജ്ഞാനം അതുകൊണ്ട് പരമാർത്ഥത്തിൽ ഇത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നുണ്ട് അജ്ഞാനത്തിന് പ്രകാശത്തിന് പ്രകാശിക്കുന്നതിന് അഹം എന്നുള്ള ഒരു അനുഭവത്തിൻ്റെ ആവശ്യമുണ്ട് അതിങ്ങനെ പറയാൻ പറ്റും ജ്ഞാനം പ്രകാശിക്കുന്നതിന് അതിന് ദൃഷ്ടാന്തം ആണ് സുശക്തി അവിടെ ഞാൻ എന്നുള്ളൊരു അനുഭവം നോക്കി വ്യക്തമാക്കും വ്യക്തമാകുമ്പോൾ വ്യക്തമാകുമ്പോൾ ഒരു ജാഗ്രതത്തിലേക്ക് വരും അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് വരും അവിടെ ജ്ഞാനെന്ന് പറയുന്ന ഈ അനുഭവ രൂപം ഈ അനുഭവ ആകാരം ഇതിനെ ആശ്രയിക്കാതെ ഈ വിജ്ഞാനം പ്രകാശിക്കുന്നു സാക്ഷാത് അപരോക്ഷം എന്ന് പറയുന്ന ആ നിലയ്ക്ക് ആ വിജ്ഞാനം അവിടെ പ്രകാശിക്കുക അതിന് ദൃഷ്ടാന്ത സുഷുപ്തിയാണ് അത് അവിടെ കേവല വിജ്ഞാനസ്വരൂപമാണ് നമുക്കതിന് അങ്ങനെ സുഷുപ്തി എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല മറിച്ച് അത് സുഷുപ്തിയെ പോലെ എന്നെ മനസ്സിലാക്കാൻ പറ്റും അതിനൊരു ഉപമയായി സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമായി സ്വീകരിച്ചുകൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് തന്നെയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇതെന്ത് വിജ്ഞാനപേക്ഷം ഇത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല ഇത്രയും പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനം ഇത് അനായാസമാണല്ലോ എന്ന് തോന്നുന്നു ഇവിടെ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ കാരണം ജ്ഞാനം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു നിരപേക്ഷമായി പ്രകാശിക്കുന്നു സ്വസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു പക്ഷെ അവിടെ ആ ജ്ഞാനത്തിനൊരു രൂപഭാവമാണ് എന്താണ് ജ്ഞാൻ ജ്ഞാനത്തിന് വന്ന ഒരു രൂപഭാവം അപ്പോൾ ഈ ജ്ഞാനം എന്ന് ഈ രൂപഭാവം വിട്ടു കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കഴിഞ്ഞാൽ അതാണതിൻ്റെ തുടക്കം ജ്ഞാനത്തിന് വേറെ തടസ്സമൊന്നുമില്ല അതിൻ്റെ സ്വരൂപ സ്ഥിതിക്ക് വേറെ തടസ്സം വേറെ തടസ്സം സൃഷ്ടിക്കാൻ പറ്റുന്നു അത് അനായാസമാണല്ലോ വാസ്തവത്തിൻ്റെ അത് അനായാസമാണ് പക്ഷേ അത് ആയാസകരവുമാണ് അന്ധനെ സംബന്ധിച്ചിടത്തോളം കണ്ണ് തുറക്കുക എന്ന് പറയുന്ന ആയാസകരമാണ് കണ്ണുള്ളവനെ സംബന്ധിച്ചിടത്തോളം കണ്ണ് തുറക്കുക എന്ന് പറയുന്ന അനായാസമാണ് കണ്ണ് തുറക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും അനായാസമായും സഹജമായും ചെയ്യുന്ന പരിപാടി സഹജമായതുകൊണ്ടാണ് അത് അനായാസമാകുന്നത് അതിന് അതിന്റെ പിന്നിൽ എന്ത് യത്നമാണ് നടക്കുന്നതെന്ന് കണ്ണ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന അറിയുന്നേ എങ്ങനെയോ സംഭവിച്ചുകൊണ്ടേയിരിക്കും അതിനെത്ര കലോറി ഊർജമാണ് ചിലവാകുന്നത് അത് കണക്ക് കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല എന്തുകൊണ്ട് സഹജമാണ് അതുപോലെ ഈ ഞാനും സഹജമാണ് കണ്ണുള്ളവനെ സംബന്ധിച്ചിടത്തോളം മറിച്ചാണെങ്കിലോ അന്ധൻ കണ്ണ് തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും എത്ര ശ്രമിച്ചാലും അവൻ്റെ കണ്ണ് തുറക്കത്തില്ല ആണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം ജ്ഞാനിയുടെ സാക്ഷാത്കാരമെന്ന് പറയുന്നത് സഹജമെന്ന് പറയുന്ന ഇങ്ങനെയാണ് അങ്ങനെ കണ്ണുള്ളവൻ കണ്ണു തുറക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം കണ്ണു തുറക്കുന്ന ആയാസമുള്ള കാര്യമല്ല വെളിച്ചത്തെ ദർശിക്കുന്ന ആയാസമുള്ള കാര്യമല്ല ഒന്നും അജ്ഞനെ സംബന്ധിച്ചിടത്തോളമോ ഈ തത്വത്തിന്റെ സാക്ഷാത്കാരമെന്ന് പറയുന്നത് അന്ധൻ കണ്ണു തുറക്കുന്നത് പോലെ അതിന് വരുന്ന ക്ലേശം ക്ലിഷ്ടത എത്ര ശ്രമിച്ചാലത് സാധ്യമാകാതെ വരിക പ്രകാശം കരഗതമാകാതെ വരിക ഇതെല്ലാം ആ അതിന്റെ സ്വഭാവമാണ് അതിന് പിന്നെ കണ്ണും മാറ്റിവെക്കുകയുള്ളു അല്ലാപേര വഴി അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് വിജ്ഞാനസ്വരൂപമാണ് ജ്ഞാതമെന്താണ് അജ്ഞാതമെന്താണ് വിജ്ഞാനസ്വരൂപം എന്താണ് ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത് സ്വരൂപം തദ്ദേ അന്യതോ അപേക്ഷതസ്വരൂപം ഒരു കണ്ണുള്ളവനെ സംബന്ധിച്ചിടത്തോളം കണ്ണെന്ന് പറയുന്നത് അവന്റെ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വരൂപം തന്നെയാണ് കാഴ്ചയുടെ സ്വരൂപം തന്നെ കണ്ണെന്ന് പറയും കാണുന്നവനെ സംബന്ധിച്ചു തത്തേന അന്യതോ അപേക്ഷതയെ ആ കാഴ്ചയ്ക്ക് അവൻ മറ്റെന്തിനെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് ഒന്നിനെ ആശ്രയിക്കുക മറ്റൊന്നിനെ അവൻ ആശ്രയിക്കേണ്ടി വരുന്നില്ല അന്തനെ അപേക്ഷിച്ച് പറയുക അവൻ എന്തിനിച്ച കാണുന്നത് ഒന്നിനെ അവൻ അപേക്ഷിക്കുന്നില്ല വെളിച്ചത്തെപ്പോലും അവൻ വാസ്തവത്തിൽ ആശ്രയിക്കുന്നില്ല എന്തുകൊണ്ട് അവൻ ആവശ്യമുള്ള വെളിച്ചം അവൻ്റെ കണ്ണിൽ തന്നെയുണ്ട് പുറമേ നിന്ന് വെളിച്ചം കൊണ്ടുവരേണ്ട കാര്യങ്ങൾ അവന്റെ കണ്ണ് തന്നെയാണ് കാണുന്നത് ഇരുട്ടിനെ വെളിച്ചത്തെ കാണുന്നതോ അതും കണ്ണ് തന്നെ വെളിച്ചം കണ്ണിനെ പ്രകാശിപ്പിക്കുകയല്ല ചെയ്യുന്നു മറിച്ച് കണ്ണ് വെളിച്ചത്തെ പ്രകാശിപ്പിക്കുക ചെയ്യുന്നു തിരിച്ച് സംഭവിക്കാറില്ല അപ്പോൾ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം അവന്റെ കണ്ണിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കണ്ണ് മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല വെളിച്ചം കണ്ണിനെ അപേക്ഷിക്കുന്നുണ്ട് തിരിച്ച് സംഭവിക്കില്ല ഒരിക്കലും കാരണം കണ്ണിൽ നിന്ന് വരുന്ന വെളിച്ചം അത് ആത്മാവിന്റെ വെളിച്ചമാണ് അത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല അത് ആണ് എന്തുകൊണ്ട് സ്വരൂപം കണ്ണിന്റെ സ്വരൂപമാണ് വെളിച്ചം അത് കാണുന്നതിന് വേണ്ടി മറ്റൊന്നിനെ അപേക്ഷിക്കുന്നു കേവലം പ്രകാശം മാത്രം കണ്ണു തുറന്നാൽ സർവവും വെളിച്ചവും ഇരട്ടും സർവവും ആ കണ്ണിന് വിഷയമായി തീരുന്നു പക്ഷെ ഇത് കണ്ണുള്ളവനല്ലേ ഇത് മനസ്സിലാവും കണ്ണില്ലാത്തവന് ഇതെങ്ങനെ മനസ്സിലാക്കിയാൽ പറ്റും അതെങ്ങനെ സാധ്യമാകും കണ്ണില്ലാത്ത ഒരുവനോട് കണ്ണിൻ്റെ ഈ മഹത്വം എത്ര വർണ്ണിച്ചിട്ടെന്താ പ്രയോജനം അവനതെങ്ങനെ ഗ്രഹിക്കാൻ പറ്റും കണ്ണ് സ്വയം കാണുന്നു എന്ന് പറയുന്നത് ഒന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും അത് കണ്ണുള്ളവന്റെ അനുഭവം എന്നേ നമുക്ക് പറയാൻ പറ്റും അതിനെ നമ്മൾക്ക് പറയാം എന്താണ് കാഴ്ചയുള്ളവന്റെ അപരോക്ഷാനുഭൂതി എന്ന് പറയാം അതാണ് കാഴ്ച എന്ന് പറയുന്നത് കാഴ്ചയുള്ളവന്റെ അപരോക്ഷാനുഭൂതിയാണ് അത് വർണ്ണിച്ചോ വ്യാഖ്യാനിച്ചോ എന്തെങ്കിലും അഭ്യാസത്തിലൂടെയോ ഏതെങ്കിലും ഉപദേശത്തിലൂടെയോ ഒരു തരത്തിലും കണ്ണില്ലാത്തവനെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല കണ്ണില്ലാതിരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും തരത്തിൽ അത് അവന് ബോധ്യപ്പെടണമെങ്കിൽ അവന്റെ കണ്ണ് പ്രകാശിക്കുക അതല്ല വേറെന്താ ഒരു വഴി അല്ല വേറൊരു വഴി ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനൊരു പ്രത്യേകത വരുന്നത് അന്യതോ എന്ന അപേക്ഷേ അത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല ആ കണ്ണ് പ്രകാശിക്കുന്നില്ല അത് ശാസ്ത്രത്തെ അപേക്ഷിക്കുന്നില്ല ശാസ്ത്രം പറഞ്ഞിട്ടാണോ നീ കാണുന്നത് ഗുരു ഉപദേശിച്ചിട്ടാണോ കാണുന്നത് ഗുരു പറഞ്ഞിട്ടാണോ കാണുന്നത് ഒന്നുമല്ല ഒന്നിൻ്റെ ആവശ്യമില്ല സഹജമായ സംഭവിക്കുന്നത് പക്ഷെ അത് കണ്ണുള്ളവനെ സംബന്ധിച്ച് മാത്രം കണ്ണില്ലാത്തവനെ സംബന്ധിച്ച് അവനിൽ കണ്ണ് വരുന്നത് വരെ സർവവും വിടും സർവശ്രമങ്ങളും അതുവരെ വിടക്കും കണ്ണു വന്നാൽ ശ്രമത്തിന്റെ ആവശ്യവും അതാണ് അവിജ്ഞാതേ പരേതത്വേ വിജ്ഞാതേ പരേതത്വേ എന്ന് പറയും അവിജ്ഞാതമായിരിക്കുന്നിടത്തോളവും എല്ലാം വർദ്ധം വിജ്ഞാതമായാലും എല്ലാം വർദ്ധം അതാണ് സ്വരൂപസ്ഥിതി സ്വരൂപത്തിന്റെ സ്ഥിതി അതാണ് സ്വരൂപം തത്തേനാന്യതോപേക്ഷ അതുപോലെയാണ് ഉള്ളിലിരിക്കുന്ന പ്രകാശത്തിൻ്റെയും സ്ഥിതി ഉള്ളിലിരിക്കുന്ന പ്രകാശം തന്നെയാണ് കണ്ണിലൂടെ പുറത്തു വന്നത് ആ ഉള്ളിരിക്കുന്ന പ്രകാശവും അത് സ്വസ്വരൂപമാണ് കണ്ണുകൊണ്ട് കാണുന്നവനവൻ അറിയുന്നുണ്ട് എന്താണോ കണ്ണിലൂടെ വരുന്ന ഈ പ്രകാശം തൻ്റെ സ്വരൂപമാണെന്ന് അവൻ അറിയുന്നു ഈ പ്രകാശമാണ് വാസ്തവത്തിൽ താനായിരിക്കുന്നതെന്ന് അവൻ അറിയുന്നുണ്ട് മറിച്ച് അവൻ അതിനെക്കുറിച്ച് എന്ത് കരുതുന്നു അത് എന്റെ കണ്ണിന്റെ പ്രകാശം എന്ന് പറയുന്നു അന്ന് ഒരു ഞാനുണ്ട് ആരാണ് ഈ ശരീരം അല്ലെങ്കിൽ ഈ ശരീരവും ഈ കരണങ്ങളും കൂടി ചേർന്ന ഈ പിണ്ട ഇതിൻ്റെ പ്രകാശമാണ് കണ്ണിലൂടെ വരുന്നതെന്ന് നമുക്ക് കരുതുന്നു വാസ്തവത്തിൽ ആ പ്രകാശം തന്നെയാണ് താൻ അതുകൊണ്ടാണ് അത് സ്വയം പ്രകാശിക്കുന്നത് മറ്റൊന്നിനെ അപേക്ഷിക്കാതെ സർവത്തെയും അത് പ്രകാശിപ്പിക്കുന്നത് അങ്ങനെ സ്വരൂപം ഒരിക്കലും മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല പക്ഷെ ജ്ഞാതാജ്ഞാതങ്ങൾ അങ്ങനെയല്ല അത് മറ്റു പലതിനെയും അപേക്ഷിക്കുന്നുണ്ട് പറഞ്ഞില്ലേ പ്രകാശം അത് പലതിനെ അപേക്ഷിക്കുന്നുണ്ട് വിഷയങ്ങൾ പലതിനെ അപേക്ഷിക്കുന്നുണ്ട് ബാഹ്യമായ സർവ്വതും അത് പലതിനെ അപേക്ഷിക്കുന്നുണ്ട് അതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ഉള്ളിലെ പ്രകാശം അതൊന്നിനെ അപേക്ഷിക്കുന്നില്ല എന്നാൽ സ്വതേവ അപേക്ഷ വെളിച്ചത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വെളിച്ചം സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു വെളിച്ചം മറ്റൊരു വെളിച്ചത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നുണ്ട് ഇനി അത് അതിനെ ആശ്രയിച്ചാണോ പ്രകാശിക്കുന്നത് എന്ന് ചിന്തിച്ചാലും വെളിച്ചത്തെ കാണാൻ മറ്റൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല ഇനി ആ വെളിച്ചം അതിനെ ആശ്രയിച്ച് പ്രകാശിക്കുകയാണ് തന്നെ തന്നെ ആശ്രയിച്ച് പ്രകാശിക്കുകയാണ് അതും വാസ്തവത്തിൽ സംഭവിക്കുന്നുണ്ട് വെളിച്ചം വെളിച്ചത്തിനു വേണ്ടി തന്നെയോ മറ്റൊന്നിനെയോ ആശ്രയിക്കുന്നുണ്ട് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം കാരണം നമ്മളൊരു വെളിച്ചം കൊണ്ട് വെളിച്ചത്തെ കാണാറില്ല പക്ഷെ ആ വെളിച്ചം സ്വയം അതിനെ ആശ്രയിച്ചല്ലേ അത് പ്രകാശിക്കുന്നു ആ പ്രകാശം അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചനെ ആ വെളിച്ചം തരുന്ന അഗ്നി ദഹിക്കുന്നതുമാണ് അത് സ്വയം അതിനെ ദഹിപ്പിച്ചത് അഗ്നി പ്രകാശിക്കുകയും ദഹിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വയം അതിനെ തന്നെ പ്രകാശിപ്പിക്കാനും ദഹിപ്പിക്കാനും ശ്രമിച്ച അഗ്നിയില്ലാതായി അഗ്നി അഗ്നിയെ ദഹിപ്പിച്ചാൽ എന്തുവരും അഗ്നി നശിച്ച് എന്തുകൊണ്ട് അഗ്നി എന്തിനാണോ ദഹിപ്പിക്കുന്നത് അതിനെ ശേഷിക്കുന്നില്ല ദഹിപ്പിക്കുക അത് ശേഷിക്കുക അത് എന്തിനെ ദഹിപ്പിക്കുന്നു അതിനെ അത് നശിപ്പിക്കും അത് അഗ്നിടെ എന്തുകൊണ്ടത് ദാഹം അതിന്റെ സ്വഭാവമാണ് സ്വഭാവത്തിൽ അതിന്റെ പ്രവൃത്തി സംഭവിക്കത്തില്ല സംഭവിച്ചാലും ശാസ്ത്രീയമായ രീതിയിൽ കർമ്മ കർത്തൃവിരോധം എന്ന് പറയും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല താൻ തന്നെ കർത്താവും താൻ തന്നെ കർമ്മവുമാകുക പ്രപഞ്ച നിയമത്തിൽ അങ്ങനെ ഒന്നുമില്ല അത് തനിക്ക് മറ്റൊന്നിലേ പ്രവർത്തിക്കാൻ പറ്റില്ല തന്നിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല തന്നെ എന്ന് വെച്ചാൽ സ്വസ്വരൂപത്തിൽ പ്രവൃത്തി സംഭവിക്കത്തില്ല പ്രപഞ്ചത്തിൽ സർവത്ര അതാണ് നമ്മൾ കാണുന്നത് കണ്ണ് വിഷയങ്ങളെ കാണുന്നു അത് കണ്ണിനെ കാണുന്നില്ല അതുപോലെ അതുകൊണ്ട് എന്ന സ്വദേവ അപേക്ഷ തന്നെ ആശ്രയിച്ചും അത് പ്രകാശിക്കുന്നില്ല എന്നുവെച്ചാൽ അത് തന്നെ വിഷയമാക്കുന്നില്ല അതാണ് ഞാനത്ര സംബന്ധിച്ചും പറയുന്നത് നിങ്ങൾ ജ്ഞാനിയാകാൻ ശ്രമിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് തൻ്റെ ജ്ഞാനത്തിന് ജ്ഞാനസ്വരൂപമായി തന്നെ തന്നെ വിഷയമാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ കണ്ടെത്താനും മനസ്സിലാക്കാനും അറിയാനും സാക്ഷാത്കരിക്കാനുമൊക്കെ ശ്രമിക്കുകയാണ് എന്തിനെ ജ്ഞാനത്തെ അതെങ്ങനെ സംഭവിക്കും പ്രകാശം എങ്ങനെ അതിനെ പ്രകാശിപ്പിക്കും ആ സ്വയം പ്രകാശിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിൽ അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ സംഭവിക്കത്തില്ല ആ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം അവിടെ ഇരുട്ട് വേണം അതും വേണം പ്രകാശം വസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന എന്തുകൊണ്ട് അവിടെ ഇരുട്ടുണ്ടായിരുന്നുകൊണ്ടാണ് അതാ ഇരുട്ടിനെ നശിപ്പിച്ച് ആ വസ്തുവിനെ പ്രകാശിപ്പിക്കണം പ്രകാശത്തിന് ഇരുട്ടേ ഇല്ലെങ്കിൽ പിന്നെ പ്രകാശം എങ്ങനെയാണ് അതിനെ പ്രകാശിപ്പിക്കും അവിടെ നശിപ്പിക്കാൻ എന്താ ഉള്ളത് അതുപോലെ ീ ജ്ഞാനം സ്വതൈവ അപേക്ഷ സ്വയം ഒരപേക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്നതുപോലെ ഈ ജ്ഞാനത്തിന് ഒരിക്കലും ഈ ജ്ഞാനത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല അങ്ങനെ സംഭവിക്കുന്ന കാലത്ത് ഈ വെളിച്ചം അതിനെ തന്നെ പ്രകാശിപ്പിക്കും എന്തുകൊണ്ട് സാധ്യമല്ല ഇത് സ്വയം വെളിച്ചം അതുതന്നെ അതിന്റെ സ്വരൂപം ജ്ഞാനം സ്വയം സാക്ഷാത്കാര സ്വരൂപമാണ് അതിന്റെ സ്വരൂപം തന്നെ അതാണ് സാക്ഷാത് അപരോക്ഷം എന്ന് പറയുന്നതാണ് അപരോക്ഷം എന്ന് പറയുന്നതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് സാക്ഷാത് അപരോക്ഷം സാക്ഷാത്കാരമെന്നും നമ്മൾ പറയുന്നു അത് ജ്ഞാനത്തിന്റെ സ്വരൂപമായിരിക്കെ അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക അതെങ്ങനെ സംഭവിക്കും ആത്മാശ്രയദോഷം വരും കർമ്മകർത്തർ ദോഷം വരും ഇങ്ങനെയൊക്കെ വരുന്ന ദോഷങ്ങൾ വരും അതിൽ അത് സംഭവിക്കത്തില്ല അപ്പം സാക്ഷാത്കാരമെന്ന് പറഞ്ഞാൽ എന്താണോ ഈ ജ്ഞാനത്തെ വെളിപ്പെടുത്തലല്ല അത് വെളിപ്പെട്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും അതെങ്ങനെ സംഭവിക്കും നിങ്ങളുടെ കണ്ണ് തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെ തുറക്കാൻ പറ്റും പിന്നെ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ണ് അടഞ്ഞു പോകത്തേ ഉള്ളൂ അല്ലെങ്കിൽ കണ്ണ് തുറന്നു വെച്ചിട്ടൊന്ന് തുറക്കാൻ ശ്രമിച്ചു നോക്കൂ പിന്നെ ഒരേ ഒരു പ്രവൃത്തി അവിടെ നടക്കൂ എന്നാണ് കണ്ണ് അടയുകയല്ല രണ്ടാമതൊന്നും സംഭവിക്കത്തില്ല തുറക്കാൻ ശ്രമിച്ച അടയും സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ശ്രമം കഥയറിയാതെ ആട്ടം കാണും പോലെ അതവനെ അന്ധനാകത്തേയുള്ളൂ എന്തുകൊണ്ട് എന്ന സ്വദേവ അത് അങ്ങനെ അപേക്ഷിക്കുന്നില്ല ചോദ്യം പിന്നെ ഈ ഇതെല്ലാം ശ്രവണം മനനം ഇത് സാധനം ജപം തപം എല്ലാം എന്തിനാ ഇതൊന്നും സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടല്ല പിന്നെ പറയുന്നതോ ശാസ്ത്രങ്ങളിൽ തന്നെ എന്തിനെ സാക്ഷാത്കരിക്കണം സാക്ഷാത്കാരം കൊണ്ട് മോക്ഷം എന്നൊക്കെ പറയുന്നതോ അതിന്റെ താല്പര്യം എന്താണോ അടുത്തിൻ്റെ ഭാഷകാരം പറയും അതിനുള്ള ആരോപണം നിവൃത്തി അത്രയും അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് മറയ്ക്കുള്ളിലിരിക്കുന്ന ദീപത്തെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ മറയ്ക്കുള്ളിൽ ദീപത്തെ ജ്വലിപ്പിക്കുക എന്നുള്ളതല്ല മറയെ മാറ്റുക എന്നുള്ളതേ ഇപ്പൊ സാക്ഷാത്കാരം എന്ന് പറയുന്നതിനും ആത്യന്തികമായി അത്രയുള്ളൂ അർത്ഥം എന്താണോ മറയെ മാറ്റുക എന്തായാലും ഒരു മറയുണ്ട് അതങ്ങനെ വന്നു അസ്വാനുഭവമാണ് എങ്ങനെയായി അതെങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിച്ചാലൊരു ഇത്രേ ഉള്ളൂ മായാമ്മയും എന്തായാലും ഉണ്ട് എന്നുള്ളത് സ്വാനുഭവം എന്താണോ ഞാൻ അജ്ഞനാണ് സ്വാനുഭവമാണ് പ്രകാശത്തിന് ഇരുൾ പാടില്ല പക്ഷെ കാണും പ്രകാശത്തിനോട് ചേർന്നും നേടിലും കാണും പാടില്ല യുക്തി അനുസരിച്ചത് പാടില്ല പക്ഷേ ഇത് വിഷയ യുക്തിക്ക് അപ്പുറമാണ് അപ്പോൾ ഇത് സ്വയം പ്രകാശിച്ച് നിൽക്കുന്നു അതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല എന്നാൽ ഇതിൻ്റെ സാക്ഷാത്കാരം വേണം എന്ന് പറയുമ്പോൾ എന്താവിടെ സംഭവിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ആ മറയമാറ്റീ മന്ത്രത്തിൻ്റെ ഭാഷ്യത്തിൽ അവസാനം ഭാഷ്യക്കാരൻ അവിടെയാണ് ചെന്നെത്തി ചേരുന്നത് അത് നമ്മളവിടെ വിശദമായി ചർച്ച ചെയ്യും അതിന്റെ തുടക്കമായിട്ട് ഇവിടെ പറയണേ നജസ്വദ സ്വയവും അപേക്ഷിക്കുന്നില്ല അനപേക്ഷമേവ സിദ്ധത്വ ഇത് സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തു ജ്ഞാനം രണ്ടാമതൊരു ജ്ഞാനത്തെ അപേക്ഷിക്കാതെ സ്വയം പ്രകാശിക്കുന്നു വെളിച്ചം രണ്ടാമതൊരു വെളിച്ചത്തെ അപേക്ഷിക്കാതെ സ്വയം പ്രകാശിക്കുന്നു തന്നിലോ മറ്റൊന്നിലോ തന്നിൽ ഇരുട്ടില്ലാത്തതുകൊണ്ട് വെളിച്ചം അവിടെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തി അത് അപേക്ഷിക്കുന്നില്ല അവിടെ അത് പ്രകാശിപ്പിക്കുക ധർമ്മം കൊണ്ട് ഇരുട്ടെ നശിപ്പിക്കുന്നു അത് അതുപോലെ ഈശ്വസ്വരൂപമായിരിക്കുന്ന ഈ വിജ്ഞാനം അതും അനുപേക്ഷമേവ സിദ്ധത്വ അതിന് ഒരു പ്രമാണത്തിൻ്റെ ആവശ്യമില്ല അത് സ്വയം പ്രകാശിക്കുകയാണ് അതുതന്നെയാണ് ഗുരുവായും ശിഷ്യനായും പ്രകാശിക്കുന്നത് അവിടെ വ്യത്യാസമില്ല അവിടെ ജ്ഞാനം അജ്ഞാനമെന്നുള്ള ഭേദമില്ല ഒരിടത്ത് ജ്ഞാനമുണ്ട് മറ്റടുത്ത് അജ്ഞാനമുണ്ട് അങ്ങനെയൊരു ഭേദം പിന്ന കണ്ണുള്ളവനായാലും ശരി കണ്ണില്ലാത്തവനായാലും ശരി അവന്റെ ഉള്ളിലെ പ്രകാശത്തിന് വ്യത്യാസമില്ല കണ്ണുള്ളവനെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ എന്നാണ് അവന്റെ പ്രകാശം പുറത്തേക്ക് പ്രവഹിക്കുന്നത് കണ്ണില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകാശം ഉള്ളിൽ ഒതുങ്ങിപ്പോകും നിലയുള്ള വ്യത്യാസം ജ്ഞാനിയും അജ്ഞാനിയും തുമുള്ള വ്യത്യാസം പ്രകാശത്തിന്റെ സ്വതയുള്ള നിലയ്ക്ക് വ്യത്യാസം എന്തുകൊണ്ട് അനപേക്ഷമേവ സിദ്ധത്വം അത് രണ്ടിടത്തും തന്നെ സ്ഥിതി ഒന്നിനെ അപേക്ഷിക്കാതെ എന്ന് പറയുമ്പോൾ അഹം ഞാൻ എന്നിങ്ങനെയുള്ള ഈ ഒരു ബോധത്തിലൂടെ സ്ഫരിക്കുന്ന ഈ പ്രകാശം ഈ ബോധത്തെ അപേക്ഷിക്കാതെ തന്നെ നിലനിൽക്കുന്നു സദാ നിലനിൽക്കുന്നു അതിന് തെളിവാണ് ഞാൻ പറഞ്ഞ ഉദാഹരണ സുശക്തി നീ പ്രദീപ സ്വരൂപ്യക്തോ പ്രകാശാന്തരം അന്യതോ അപേക്ഷതേ സ്വതോവ നേരത്തെ ഞാൻ വിശദീകരിച്ച കാര്യമാണ് ഈ പറയുന്നത് ബാഹ്യമായ വെളിച്ചത്തെ എടുക്കുക സ്വരൂപ അഭിവ്യക്തോ നമ്മുടെ കണ്ണുകൊണ്ട് അതിനെ കാണുന്നതിന് അതാണ് സ്വരൂപ അഭിവ്യക്തി എന്ന് പറയുന്നത് അതാണ് പ്രകാശത്തിൻ്റെ സ്വരൂപ അഭിവ്യക്തി അതിനെ കാണുന്നതിന് പ്രകാശാന്തരം ഈ കണ്ണിന്റെ വെളിച്ചത്തെ അല്ലാതെ ആ പ്രകാശം പോലെയുള്ളത് മറ്റൊരു പ്രകാശത്തെ അത് അപേക്ഷിക്കുന്നില്ല പ്രകാശാന്തരം അന്യതോ അപേക്ഷത സ്വതോവ ഞാൻ പ്രകാശം തിരിച്ചാനും പ്രകാശിപ്പിക്കുക അതിന്റെ ആവശ്യം വരുന്നില്ല പ്രകാശം തന്നെ പ്രകാശിപ്പിക്കുന്നവനായും പ്രകാശത്തിന്റെ വിഷയമായി നിൽക്കുക അങ്ങനെ പ്രകാശത്തെ രണ്ട് പ്രകാശം അതിന്റെ ആവശ്യമില്ല അത് പ്രകാശിപ്പിക്കുന്നവനായി നിൽക്കുമ്പോൾ അതിന് പ്രകാശിപ്പിക്കാൻ ഇരുട്ട് മാറ്റി പ്രകാശിപ്പിക്കാനവിടെ വേറൊരു പ്രകാശമില്ല അവിടെ ഏത് പ്രകാശമാണോ ഉള്ളത് അത് ഇരുട്ടില്ലാത്തതാണ് ഇപ്പം പ്രകാശം ത്തിന് അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് എവിടെ ഇരുട്ടുണ്ടോ അവിടെ മാത്രമേ പ്രകാശത്തിന് പ്രകാശിപ്പിക്കുക ആ ക്രിയ നിർവഹിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അതാണ് പറഞ്ഞിരുന്നത് സ്വതോവ യഥി അനപേക്ഷം യഥി അനപേക്ഷം ഏതെന്നാണോ അനപേക്ഷമായിരിക്കുന്നത് ഒന്നിനെ ആശ്രയിക്കാതിരിക്കുക തൻ്റെ പ്രകാശത്തിന് തന്നെ ആശ്രയിക്കാതിരിക്കുക തൻ്റെ പ്രകാശത്തിന് പരനെ ആശ്രയിക്കാതിരിക്കുക അതാണ് അനപേക്ഷം സ്വദൈവസിദ്ധം ഇത് പ്രകാശത്തിൽ പറയുന്നെങ്കിലും അവനവൻ്റെ സ്വരൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുക സ്വസ്വരൂപം സ്വതസിദ്ധമാണ് അപ്പോൾ അതിനുവേണ്ടി അഭ്യാസങ്ങളൊന്നും കാണിച്ചു കളയല് അതിനുവേണ്ടിയിട്ടാ പറയുന്നു അതിനെ സാക്ഷാത്കരിക്കാൻ അതിനെ വെളിപ്പെടുത്താൻ അതിനുവേണ്ടി ശ്രമിക്കണ്ട അതിന്റെ ആവശ്യമില്ല അതാണ് പറയുന്നത് ജ്ഞാനം കർമ്മത്തിന്റെ ഫലമല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ് നിങ്ങളെന്തെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ ബാഹ്യമായോ മാനസികമായോ മാനസികമായോ എന്ന് പറയുന്ന ശ്രവണം മനനം ധ്യാനം തുടങ്ങിയ പ്രവൃത്തികളിലൂടെയോ ഇതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ നിഷ്ഫലം ഇതിനെ വെളിപ്പെടുത്താൻ ശ്രമിച്ചാലത് നിഷ്ഫലം എന്തുകൊണ്ട് അത് വെളിപ്പെട്ടിരിക്കുകയാണ് അത് സ്വയം സിദ്ധമാണോ സ്വദേവസിദ്ധം അത് സ്വത്തോവ പരത്തോവാ ഒരു തരത്തിലും അങ്ങനെ വെളിപ്പെടുത്താൻ സാധിക്കും നിങ്ങളുടെ പ്രവൃത്തിക്ക് ഫലമുണ്ടാവും അത് മറ്റൊരു തരത്തിലാണ് ആത്മപ്രകാശത്തിന്റെ സ്ഥലത്തിലല്ല അനാത്മപ്രകാശത്തിന്റെ സ്ഥലത്തിലാണ് അനാത്മാക്കളെ നിഷേധിക്കാനേ അതൊക്കെ അതിനു വേണ്ടി അതൊക്കെ ആവശ്യമുള്ളതാണ് എൻ്റെ പ്രവൃത്തിയിൽ ഭ്രമം വരരുത് തത്വബോധത്തിൽ ഭ്രാന്തി വരും അതിനു വേണ്ടിയിട്ടാണ് വിശദീകരിക്കുന്നത് തത്വബോധത്തിൽ ഭ്രാന്തി അജ്ഞാനം വർദ്ധിക്കത്തേ ഉള്ളൂ ഇത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ഭ്രാന്തി മൂടിക്കൊണ്ടിരിക്കുകയാണ് അത് വർദ്ധിക്കത്തേ ഉള്ളൂ അതാണ് ശാസ്ത്രം മറ്റും അധ്യയനം ചെയ്യുമ്പോൾ അതിലഭിമാനം തോന്നുന്നതും തത്വം വെളിപ്പെടാതിരിക്കുന്നതല്ല അത്തരം മിഥ്യാഭിമാനങ്ങളെ സൃഷ്ടിക്കുന്നതായി മാറി ശാസ്ത്രം അതുകൊണ്ട് അതിൻ്റെ പരവുമായ രഹസ്യത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇത് സ്വതസിദ്ധമാണോ ഇതിനുവേണ്ടി ഒരു അഭ്യാസം ചെയ്യാനില്ല ഇതിന്റെ അപരോക്ഷത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല അത് അപരോക്ഷമായി തന്നെ നിലനിൽക്കുന്നതാണോ നിങ്ങളൊരു കർമ്മം കൊണ്ട് ഇതിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല ഇത് സാക്ഷാത്കാരം തന്നെയാണ് അപ്പോ അവന്റെ ശ്രദ്ധയിൽ മാറ്റം വരും അവരുടെ തത്വബോധത്തിന് മാറ്റം വരും അപ്പോൾ അവന് മനസ്സിലാവും തന്റെ പ്രവർത്തികൾ തന്റെ യത്നങ്ങളെല്ലാം എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ തലം എവിടെയാണ് അത് എവിടെയാണ് സാർത്ഥകമാകുന്നത് അതെല്ലാം എങ്ങനെയാണോ സ്വസ്വരൂപത്തിൽ വ്യർത്ഥമാകുന്നത് ഇത് രണ്ടും മനസ്സിലാവും ഇതിന്റെ സാർത്ഥകതയും ഇതിൻ്റെ വ്യർത്ഥതയും മനസ്സിലാകുമ്പോൾ പിന്നെ ഇതിന്റെ അഭിമാനം ഉണ്ടാകുന്നുണ്ട് ഇതുകൊണ്ട് തനിക്ക് നേടാൻ കഴിയുമെന്നുള്ള ഇത്രയുമാണ് ഇതുകൊണ്ട് നേടാൻ കഴിയാത്തത് ഇന്നതാണ് എന്നവന് മനസ്സിലാവും അതിനുവേണ്ടിട്ടാണിത് പറയുന്നത് പ്രകാശാത്മകത്വ പ്രദീപസ് അപേക്ഷിതോപി അനർത്ഥക അതാണ് പറയുന്നു ദീപത്തെ സംബന്ധിച്ച് അത് പരപ്രകാശത്തെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് വ്യർത്ഥമാണ് അനർത്ഥകമാണ് ഒരു പ്രയോജനമില്ലാത്തതായിരിക്കും അതുപോലെ സ്വസ്വരൂപത്തിൽ അതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവിടെ അനർത്ഥകമാണ് അർത്ഥശൂന്യമാണ് എല്ലാം നിഷ്ഫലമാണ് അതിന് സാർത്ഥകമാകുന്ന ഇവിടെ വിദ്യാ ദൂരീകരണത്തിൽ അതവിടെ സാർത്ഥകമാകും പക്ഷെ അവിദ്യാദൂരീകരണത്തിൽ അത് സാക്ഷരമാകണമെങ്കിൽ അവൻ ഈ തത്വം ഗ്രഹിച്ചിരിക്കണം ശരിയായി പരമാർത്ഥം എന്താണെന്ന് അവൻ ബോധിച്ചിരിക്കണം പരമാർത്ഥത്തെ ബോധിപ്പിച്ചിട്ട് ചെയ്യുന്ന സാധനങ്ങളെ ഫലവത്താവും പരമാർത്ഥത്തെ ബോധിക്കാതെ ചെയ്യുന്ന സാധനങ്ങളെല്ലാം അനർത്ഥം അത് വീണ്ടും അവനെ അജ്ഞാനത്തിൽ നിന്നും അജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകും ഭ്രമത്തിൽ നിന്നും ഭ്രമത്തിലേക്ക് കൊണ്ടുപോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അനർത്ഥകസ്യ അനർത്ഥകമായി തന്നെ തീരും പ്രകാശി വിശേഷഭവ പ്രകാശത്തിൽ വിശേഷമില്ല എന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങൾ എന്തിനു അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ബന്ധത്തിൽ നല്ല നിവർത്തിക്കുവേണ്ടി ഈ പ്രകാശത്തിൽ ബന്ധമുണ്ടായിട്ട് വേണ്ടെന്ന് നിവർത്തിക്കാം ദീപത്തിൽ അന്ധകാരം ഉണ്ടായിട്ട് വേണ്ടിയില്ലേ അതിനെ നശിപ്പിക്കാം അന്ധകാരമുള്ള സ്ഥലമുണ്ട് അവിടെ അത് പോയി നശിപ്പിക്കും ദീപത്തിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം ദീപം ഉപയോഗമുള്ളതാ വെളിച്ചം വേണം എവിടെ ഇരുൾ മാറ്റാൻ വെളിച്ചം വേണം നിങ്ങൾ വെളിച്ചത്തിൽ തന്നെ ഇരുളിനെ മാറ്റാ ശ്രമിക്കുകയാണ് അതാണ് ഭ്രമം എന്ന് പറയുന്നത് സാധനയിൽ വരുന്ന ഭ്രമം എന്ന് പറയുന്നതാണ് എന്താണോ വെളിച്ചത്തിൽ നിന്നും ഇരുളിനെ മാറ്റാശ്രമിക്കുന്നു അതാണ് ഭ്രമം അതിൽ അതാണോ പറഞ്ഞത് പ്രകാശേ വിശേഷഭവാ പ്രകാശത്തിൽ വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളെ കൽപ്പനകളൊന്നും അവിടെയില്ല നിങ്ങളെ ഭ്രാന്തികളൊന്നും അവിടെയില്ല നിങ്ങളുടെ അവിവേകം അവിടെയില്ല പിന്നെ അവിടെ നിങ്ങൾ ഇതിനുവേണ്ടിയൊന്നും ശ്രമിക്കണ്ട നിങ്ങളുടെ കൽപ്പനകളെ മാറ്റാനോ ഭ്രാന്തിയെ മാറ്റാനോ മനസ്സിനെ നശിപ്പിക്കാനോ അഹന്തയെ നശിപ്പിക്കാനോ ഒന്നും ശ്രമിക്കണ്ട അവിടെ അതൊന്നുമില്ല അതെവിടെയാണോ ഇരിക്കുന്നത് അവിടെ നശിപ്പിക്കുക വളരെ വ്യക്തമായി പറയുന്നതാണ് നിങ്ങൾ ശ്രവിക്കുകയോ മനനം ചെയ്യുകയോ ധ്യാനിക്കുകയോ എന്ത് വേണോ ചെയ്യുക അവിടെ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഭ്രാന്തികളിൽ നിന്നെല്ലാം മുക്തമായിട്ട് അവിടെ സംഭവിക്കാവുന്ന അവിവേകത്തിൽ നിന്ന് മുക്തമായിട്ട് എന്തു ചെയ്യുന്നു എന്തിനു വേണ്ടി ചെയ്യുന്നു എവിടെയാണ് ഈ പ്രവൃത്തി നടക്കുന്നത് എന്നുള്ള വ്യക്തമായ ബോധത്തോടു കൂടി ചെയ്യും ഈ പ്രകാശത്ത് സ്വരൂപപ്രകാശത്ത് വിശേഷഭാവം അതവിടെ നിങ്ങളെ തരുന്നൊന്നും അവിടെയില്ല അജ്ഞാന സംശയ വിപര്യങ്ങളൊന്നും അവിടെ നിലനിൽക്കുന്നില്ല അവിടെ നിങ്ങൾക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊക്കെ എവിടെയാ നിലനിൽക്കുന്നത് എവിടെയാ മാറ്റേണ്ടത് അതിനി അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അന്ന് സ്വസ്വരൂപത്തിലല്ല ആത്മാവിന് നിങ്ങൾ മോക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ചെലുക്കാം നമ്മൾ സാധാരണ ഭാഷയിൽ അതൊക്കെ പറയും ആത്മനോ മോക്ഷാർത്ഥം എന്നൊക്കെ പറയും അതിൻ്റെയൊക്കെ താല്പര്യം വരെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന അതാണ് ഇവിടെ ഭാഷകാരൻ സൂക്ഷ്മമായി വ്യക്തമാക്കുന്നത് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ സന്ദർഭത്തിൽ വ്യക്തമായ തത്വബോധം ആ തത്വബോധത്തിൽ നിന്നുകൊണ്ടുള്ള സാധനങ്ങൾ അതാണ് മുഖ്യം ഭ്രമത്തിനടിവപ്പെട്ടിട്ട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് കാര്യം ആ വ്യക്തമായ തത്വബോധത്തിനോട് സാങ്കേതികമായി പറയുന്നത് പരോക്ഷജ്ഞാനം ആ പരോക്ഷജ്ഞാനത്തിൽ നിന്നുകൊണ്ടുള്ള അഭ്യാസങ്ങൾ മാത്രമേ ഫലവത്താകൂ മുഖ്യഫലത്തെ ചെയ്തു ആ പരോക്ഷ ഞാൻ ദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇതിന്നതാണ് സൂര്യൻ എത്ര ശക്തിയോടെ പ്രകാശിച്ചു തന്നാൽ സൂര്യപ്രകാശത്തിന് അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശിക്കുന്നതിനുള്ള ശേഷിക്കു ഒരു കുറവും വരാതെ സദാ അത് പ്രകാശിച്ചുകൊണ്ടിരുന്നാലും ശരി ആ പ്രകാശത്തിനൊരു ന്യൂനത വരുത്താൻ ആർക്കെങ്കിലും കഴിയും സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ശക്തി കുറയ്ക്ക സൂര്യന്റെ പ്രകാശത്തിനൊരു മങ്ങള ഏൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയും ആർക്കും അതങ്ങനെ പ്രകാശിച്ചാലും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള പ്രകാശത്തിന് ഒരു മറ വരുത്തുന്നതിന് ചെറിയൊരു മേഘഭക്ഷണം വിചാരിച്ചാൽ ചെറിയൊരു കാർമീക ചെറിയൊരു അംശം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ പ്രകാശം കാണുന്നവുമ്പിൽ പ്രകാശം സംഭവിക്കുന്നു അതുപോലെ ഈ ആത്മസൂര്യൻ സദാപ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പൂർണ്ണതയിൽ അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക തന്നെ ഈ ജീവന്റെ മുമ്പിൽ ചെറിയ ചെറിയ കാര്മേഹങ്ങൾ ഒന്നെപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ അനുഭവത്തിലതാണ് കാണുന്നത് സൂര്യനൊരു കേടുപാടും വരുത്താതെ തന്നെ പ്രകാശത്തെ ടസ്സം സൃഷ്ടിക്കുന്നു അതുപോലെ ഇവിടെ പറയുന്ന സ്വതാപ്രോഷമായിരിക്കുന്ന ഈ ചൈതന്യ പ്രകാശം അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കെ തന്നെ നിന്റെ മുമ്പിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ഇത് ബോധ്യപ്പെട്ടാലിശ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല ഇതുവരെയും സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ മറഞ്ഞാൽ മറിഞ്ഞത് ഇതുവരെ പ്രകാശിച്ചതിന് വേണ്ട പ്രയോജനമാണ് ഒരു നിമിഷം മടഞ്ഞാൽ അതൊരു മറവ് തന്നെയാണ് അതുവരെയുള്ള പ്രകാശത്തിന് അത് പകരമാകത്തില്ല മറവിൽ അന്ധകാരമാണ് അതുപോലെ ഈ ആത്മപ്രകാശം ഉള്ളിൽ സദാപ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു വിവേകം എന്ന് പറയുന്ന കാറ്റ് വന്ന് ഈ കാർമേക് അവിവേകമാകുന്ന കാര്മ്മികത്തെ മാറ്റിയാലും വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും വീണ്ടും മറ്റൊരു അവിവേകം വരും വീണ്ടും മറ്റൊരു വിവേകമെന്ന് തന്നെ അടിച്ചു മാറ്റും ഇതുവരെ പ്രകാശിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എന്തെന്നുള്ളതാണോ ഇപ്പൊ പ്രകാശമാണ് ഇതിട്ടാണ് ഇത് മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും അത് ഇതിന്റെ സ്വഭാവമാണ് മേഘത്തിന്റെ സ്വഭാവമാണ് എന്താണോ അത് ചലിച്ചുകൊണ്ടേയിരിക്കും അതിനെ കൊണ്ടുവരുന്നതും കാറ്റ് തന്നെ കൊണ്ടുപോകുന്നതും കാറ്റ് തന്നെ അതുപോലെ തന്നെ നമ്മൾ ആർജിക്കുന്ന വിജ്ഞാനം തന്നെ ഇതിന് തടസ്സമുണ്ടാകും അതിൽ തന്നെ വരുന്ന വിവേകം തന്നെ ഇതിനെ തടസ്സം മാറ്റി പ്രകാശിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ട് അവിടെ വാസ്തവത്തിൽ എന്താണ് യാതൊരു വിശേഷവും ഇല്ല സൂര്യനിൽ തെളിയലും മങ്ങലും ഇല്ല അതുപോലെ സ്വസ്വരൂപ പ്രകാശത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല ബാഹ്യമായാണ് ഈ മാറ്റമെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള വിവേകദാർഢ്യം അത് വരണം ഇതിനെ ഇത്രയും വിശദമായിട്ട് ഭക്ഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത് പ്രകാശേ വിശേഷഭാവ സദാ സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അതിനെക്കുറിച്ച് വ്യാകലപ്പെടേണ്ട കാര്യമില്ല അതിൻ്റെ മോക്ഷത്തിന് ശ്രമിക്കണ്ട അത് നിത്യമുക്തമാണ് അപരോക്ഷരൂപമാണ് സാക്ഷാത് അപരോക്ഷമാണോ എന്നെ പറയുന്നത് പൂർവേഷാം ചക്ഷിര